കമ്പോഡി നിന്ന് വന്നതാണ് ഇന്ത്യനല്ല മനസിലായില്ല ഏത് വയറുവേദന വന്നാലും അതിലൊരു കരി പശുവിന് കൊടുത്താൽ പോലും വയറുവേദന നീക്കും കണ്ടിട്ടില്ല പുകയത്ത് വെച്ച് ഉണക്കണം പുക ഉള്ളി ചണക്കണം വെയിലുണക്കാൻ പറ്റില്ല അതായത് പുകയേറെ അതെ പിടിക്കും ആ പുക പിടിച്ചാൽ ആ പുക അനീമിയ്ക്ക് നല്ലതാണ് പുക പൗരാണിക കാലം മുതൽ ഇന്ത്യ ഏറ്റവും വലിയ ഔഷധമായി കണ്ടിട്ടുള്ളത് വിറകിന്റെ പുകയാണ് മെങ്കു ഉയരമില്ലായിരുന്നത് കൊണ്ട് അത് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഇന്ത്യയിലെ അമ്മമാർ പട്ടണി കിടക്കുമ്പോഴും അവർക്ക് അനീമിയ വരാത്തതും ആരോഗ്യം നിലകുന്നതും പുകതുമില്ല പുകയോളം വലിയ ഔഷധമില്ല കാരണം അത് നാനോതലത്തിലുള്ളതാണ് കഴിക്കുന്ന ആഹാരത്തെക്കാൾ കൂടിയതാണ് ഹവീസ് അതുകൊണ്ടാണ് ഗണപതി ഹോമം ഒക്കെ വീട്ടിൽ വെച്ചത് അതിനെതിരെ നിങ്ങൾ ഒച്ച വെച്ചത് കാരണം അവർക്ക് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ് മനുഷ്യന്റെ ആരോഗ്യം കളയുന്നതാണ് ഇപ്പൊ പിന്നെ ഡോക്ടർ സ്റ്റാൻലിയും കൂട്ടനുമൊക്കെ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വന്ന് ഇതിനേതാണ്ടൊക്കെ ദിവ്യത്വം ഉണ്ട് എന്നും ഇത് പുക വെറുതെ അല്ലെന്നും കാർബൺ നാനോ ട്യൂബ്സ് ആണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളും ആ പുസ്തകം തൂക്കിക്കൊണ്ട് നടക്കാൻ പറഞ്ഞു സാഹിപ്പ് പറഞ്ഞാൽ മാത്രം ശാസ്ത്രമാകുന്ന ഒരു ജനതയുടെ വൈകല്യം സ്വന്തം തന്തയും തള്ളയും കാണിച്ചു തരികയും അനുഭവിക്കുകയും ആ അനുഭവത്തിനകത്ത് വളരുകയും പുക ചുരുളികൾ അടിച്ച കാലത്ത് അടിക്കേണ്ട തലമുറയ്ക്ക് പുകയും പുക ചുരുളും വിട്ടപ്പോൾ ഇൻഹേലില്ലാതെ ഒരു മണിക്കൂർ പോലും ശ്വസിക്കാൻ വയ്യാതെ വരികയും ചെയ്ത് ജീവിതം വികലമായി തീർന്നു കഴിഞ്ഞിട്ടും സാഹിത്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിശദീകരിക്കാൻ പറ്റാതെ ഒന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്ന ഗോതമ്പു നിങ്ങൾ കുടിച്ച അമേരിക്കൻ പാലുകൾ നിങ്ങളുടെ വന്തയുടെയും തള്ളതയുടെയും ബീജത്തിൽ കലർന്നുകൂടി എത്ര മൗലികമായ അടിമത്വമാണ് ഉണ്ടാക്കിയത് അത് കുടിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാവുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ പറയണ്ടേ ഏ അല്ല ചുമ്മാ ഈ ഔഷധം എല്ലാം നിങ്ങൾക്ക് ഇങ്ങ് പറഞ്ഞു ഞങ്ങൾ പണ്ട് മുതലേ ചവിട്ടും തൊഴിയൊക്കെ കൊടുത്ത് മാത്രം പഠിപ്പിക്കുകയും മനസ്സിലായില്ല നല്ല പാല പറഞ്ഞിട്ട് കാര്യമില്ല പശു തൊഴിക്കുന്നതാണെന്ന് പറഞ്ഞാല് മനസിലായില്ല അല്ലെങ്കിൽ ഇതിൽ വില ഉണ്ടാവില്ല ബി എസ് എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് തൃകടൂ ആ തൃകടു എന്ന് പറയുന്നത് ചുക്ക മുളക് തിപ്പലി വരട്ടുമൽ അല്ല അതിൽ വരട്ടുമില്ല വരട്ടുമൾ മറ്റേ അവർ ചോദിച്ച സംശയത്തില സോറി തൃകഡു ഇന്ദുപ്പ് തൃകഡു എന്ന് പറയുന്നത് ചുക്ക മുളക് തിപ്പലി ഇന്ദുപ്പ് ഇവ പൊടിച്ച് ചെറുനാരങ്ങിയ നീരും ഇഞ്ചി നീരും ഇഞ്ചിനീര് ഊറൽ കളയണം ബ്രാക്കറ്റിൽ എഴുതണം തേനും കൂട്ടി കൗൾക്കൊള്ളുക ശംഖുപുഷ്പംന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല അത് നീലയും വെള്ളയിലും ഉണ്ട് അദ്ദേഹത്തിൽ ഒരുപാട് ഔഷധങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം നീല ശംഖുപുഷ്പത്തിന് സ്മരത്തിൽ ഒട്ടേറെ ഔഷധങ്ങൾ രൂപീകരിക്കും സ്ത്രീകളുടെ കണ്ണിനോട് വളരെ സാദൃശ്യം ഉണ്ടെന്നാണ് പഴയ കവിഭാവന ആ അതുകൊണ്ടാണ് ആ അതുകൊണ്ട് അങ്ങനെ ഇതുള്ള ആ ശംഖുപുഷ്പത്തിന്റെ വേര് വെളുത്ത വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് അരച്ചു ഗോമൂത്രത്തിൽ കലക്കി സേവിച്ച വായുലെ ക്യാൻസർ പൂർണമായി എല്ലാ ക്യാൻസറിലും ഗോമൂത്ര ഖനവടി അത്യുത്തമമാണ് ഗോമൂത്രം കട്ടിയേറ്റിയെടുക്കും വറ്റിച്ചു വളരെ അത്യുത്തമമാണ് ഗോമൂത്രം വറ്റിച്ചെടുക്കുന്നത് വളരെ ഇതാണ് ഗോമൂത്രം വാറ്റിയെടുക്കും ഗോമൂത്രം വാറ്റിയെടുക്കും ഗോമൂത്രം വറ്റിച്ചെടുക്കും ഗോമൂത്രം കൊണ്ടുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പഴയ കാലത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ ചില ആളുകൾ തെങ്ങ് അവർ തെങ്ങിൽ നിന്നുള്ളതല്ലാത്ത യാതൊരു സാധനവും ഔഷധമായി ഉപയോഗിക്കില്ല അതായത് ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള രോഗങ്ങളിലെല്ലാത്തിനും തെങ്ങിനെ മാത്രം അവലംബിച്ചാൽ എങ്ങനെയാണ് എന്നൊരു ശാസ്ത്രശാഖ ഉണ്ടായിരുന്നു അത് തെങ്ങ് നട്ടുപിടിപ്പിക്കുന്നവർ നെല്ല് കൃഷി ചെയ്യുന്നവന് നെല്ല് നെല്ലിനിടയിലെ വരിനെല്ല് നെല്ലിനിടയിലെ പൊന്തൽ നെല്ലിനിടയിൽ തന്നെ വളരുന്ന മീനങ്ങാണി നെല്ലിന ഇടയിൽ വരമ്പത്ത് വളരുന്ന പൊന്നങ്ങാണി വരമ്പത്ത് കൊടുവേല് ഇങ്ങനെ നെല്ലുമായി ബന്ധപ്പെട്ട ഔഷധ മൂല്യമുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം കാരണം നെല്ല് തൻ്റെ ദൈവമാണെന്നും അത് ഉപയോഗിച്ച് എല്ലാ രോഗങ്ങളെയും മാറ്റുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ ഗവേഷണമുള്ള ഒരു പന്ഥാവ് നെൽകൃഷിക്കാരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കുട്ടിച്ചോറാക്കിയിട്ട നിങ്ങൾ ഈ തയ്യും ബൂട്ട്സും ഒക്കെ നടക്കുന്നു ഒരു നാട് കുട്ടിച്ചോറാക്കിയ ജനത നിങ്ങളോട് ഈ പൂർവികർ പോർക്കുവോ ചങ്ങമ്പുഴ പോലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളോട് കുച്ഛം തോന്നാവോ അത്രയും തോന്നിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോടും അവരുടെ സമസൃഷ്ടങ്ങളോടും ഞാൻ എന്റെ കടമ നിർവഹിച്ചില്ല എന്ന തോന്നൽ എന്നെ അലട്ടും അതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയാ പറയുക എന്നെ നിങ്ങൾ പരിചയപ്പെടാതിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനൊരു വലിയ ശാഖല്ല പശു വളർത്തിയിരുന്ന ഗോപാലന്മാർ പശുവിനെ ദൈവമായി കണ്ടത് പശുവിനെ ആരാധിച്ചത് എല്ലാ രോഗങ്ങൾക്കും പശു വന്നു പശുവെല്ലാം ഒന്നും വേണ്ട പശുവിന്റെ കുളമ്പ് പശുവിന്റെ പല്ല് പശുവിന്റെ എല് പശുവിന്റെ തൊലി പശു തുമ്മൽ എന്ന് പറയുന്നത് പശുവിന്റെ വയറ്റിനകത്ത് റബ്ബർ പങ്ക് പോലൊരു സാധനം കിടക്കുണ്ട് എല്ലാ പശുവിനുമില്ല ചിലതിന് മനസ്സിലായില്ല അത് പശുവിന്റെ പശുവിനെ വെട്ടുമ്പോൾ അത് കിട്ടും അതിന് പശുത്തുമ്മൽ എന്ന് പറയും ഒരിക്കലും മാറാത്ത അപസ്മാരം പശുത്തുമ്മലാദി തുളിയത് കൊണ്ട് മാറും കേട്ടിട്ടില്ല കേരളത്തിൽ ഇതുകൊണ്ട് മാത്രം കോടീശ്വരനായി തീർന്ന് തന്റെ വൈദ്യശാല ഓരോരത്തു വെച്ച് മക്കൾക്ക് വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സുപ്രസിദ്ധമായ ഹോസ്പിറ്റൽ പണിത വൈദ്യനുണ്ട് മാറ്റുമ്മൽ ഹാജി കേട്ടിട്ടുണ്ടോ ഇല്ല പത്ര വായിച്ചാൽ പരസ്യം കാണും കോഴിക്കോട് കണ്ടിട്ടില്ല മാട്ടുമ്മൽ ഹാജിയുടെ വലിയൊരു ആശുപത്രിയുണ്ട് അതിന്റെ സൈഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ആയുർവേദ സ്ഥാപനം അദ്ദേഹം മരിച്ചോന്നറിയില്ല അവിടെ കൊടുക്കുന്ന കുടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസ്മാരത്തിന്റെ ചികിത്സയിൽ പശുത്തുമ്മലാദി കുടികയാണ് ഓരോജനം പശുവിന്റെ ഗൾ ബ്ലാഡറിൽ ഇരിക്കുന്ന എല്ലാ പശുവിനും ഉണ്ടാവില്ല ജല പശുവിനും ഉണ്ടാവും സ്റ്റോണ സ്റ്റോണ അത് ഗോരോചനാധികളിക ഗോരോചനം അത്യപൂർവമായ ഔഷധം അവസ്മാരത്തിന് ആസ്തമയ്ക്ക് മാനസിക രോഗങ്ങൾക്ക് ഒക്കെയുള്ളതാണ് പശുവിൻ്റെ കൊമ്പ് ഔഷധങ്ങളിൽ മുഖ്യമാണ് പശുവിൻ്റെ പാല് ഔഷധമാണ് പശുവിൻ്റെ തൈര് ഔഷധമാണ് പശുവിൻ്റെ നെയ്യ് ഔഷധമാണ് പശുവിൻ്റെ വെണ്ണ ഔഷധമാണ് പശുവിൻ്റെ മൂത്രം ഔഷധമാണ് ചാണകം ഔഷധമാണ് അതുകൊണ്ട് നല്ലൊരു പശു വളർത്തൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗവേഷണം ചെയ്ത് അതിനെ സർവാത്മന മുഴുവൻ ഉപയുക്തമാക്കാൻ ഏതും ആരോഗ്യ വരുമ്പോഴും പശു ഉത്തരമായി മാറും ഇങ്ങനെ ശാസ്ത്രം അതിൻ്റെ ഗവേഷണ പടുതയിൽ രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ലാബുകളും ടസ്റ്റ്യും പിപ്പറ്റുകളും നിങ്ങളുടെ സമയം കളഞ്ഞു നടത്തിയ പഠനങ്ങളും ഏതെങ്കിലും ഒരു തൊഴുത്തിൽ പോയി കച്ചിയും വലിച്ചിട്ടു കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ ഈ നാടിന് പ്രയോജനമുള്ള എന്തെല്ലാം ഉണ്ടായാൽ നിങ്ങളെ വളർത്താനും നിങ്ങൾക്ക് ശമ്പളം തരാനും നിങ്ങളുടെ ലാബുകൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കാനും അതിലേക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കുവാനും മുടക്കിയ കാശും നിങ്ങളുടെ പഠിപ്പും ഈ നാടിനെ നശിപ്പിച്ചു കുത്തുവാള ഈ നാട്ടുകാരെ കടക്കണിയിൽപ്പെടുത്തിയപ്പോൾ ഈ നാടിന്റെ സൗഭാഗ്യങ്ങൾ രൂപപ്പെടുത്തി എടുത്ത നിങ്ങൾ അടിച്ചു പൊളിച്ച് കളഞ്ഞ യാത്രയും എൻ്റെ ദേഷ്യം അതുകൊണ്ടല്ലേ തന്നെ ഞങ്ങൾ ചാണകം പറ്റാതെ നടക്കുന്നത് ശരിയല്ലോ ഈ ശംഖുപുഷ്പത്തിന്റെ വേരരച്ച് ഗോമൂത്രത്തിൽ കലക്കി കുടിച്ചാൽ വായിലെ ക്യാൻസർ പൂർണ്ണമായും അന്നനാളം വര എത്തിയത് കവിളിലെ ക്യാൻസർ എന്നത് വളരെ നല്ലതാണ് കവിളുകളിൽ ഉണ്ടാവും അതിന് വളരെ ഉത്തമമാണ് ഈ സാധനം കവളിൽ വരുന്ന ക്യാൻസറിന് ശവർക്കാരം എന്ന് പറഞ്ഞൊരു സാധനം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടു അഴിയുന്നത് ശവർക്കാരം അത് ഇഞ്ചിനീരിൽ ചാലിച്ച് പുരട്ടിയാലും മാറും കൊഴുപ്പ കാടക്കൊമ്പ് എന്നൊക്കെ പറഞ്ഞൊരു ചെടിയുണ്ട് അറിയില്ല അല്ല ട്യൂമറിൽ വളരെ ഉപയോഗിക്കുന്നതാണ് അങ്ങനെയും പറയും അതായത് നീലയമരിയുടെ ഇല പോലെ ഇലയുണ്ടാവും ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടു കൊമ്പ് പോലെ ഉണ്ടാവും കണ്ണിടില്ല കണ്ണിടില്ല വേറെ കൊഴിഞ്ഞിൽ എന്ന് പറയും കെതിരുന്നില്ല കൊഴിച്ചിൽ എന്നും പറയും പഴയകാലത്ത് പടത്തുളയ്ക്കും അതിൻ്റെ മേരുകളിൽ നൈട്രജനുണ്ട് പയറിൻ്റെ മാതിരി അതുകൊണ്ട് പാടത്ത് വിതച്ചു കഴിഞ്ഞാൽ നൈട്രജനുണ്ടാവും മനസ്സിലായില്ല അതിൻ്റെ വേരുകളിൽ നൈട്രജനുണ്ട് അതിന്റെ ചവറ് വെട്ടി പാടത്തേക്കിട്ട് ഉഴുതാൻ അതിന് പൊട്ടാസിയം ഉണ്ട് മനസ്സിലായില്ല അതിൻ്റെ തണ്ടുകളിൽ ഫോസ്ഫറസ് ഉണ്ട് മനസ്സിലായില്ല വേരുകളിൽ നൈട്രജനുണ്ട് ഇലകളിലും തണ്ടുകളിലും കാര്യവും ോസ്ഫറസും ഉണ്ട് അപ്പോ അപ്പോ നാച്ചുറലായിട്ട് നൈട്രജൻ ഫോസ്ഫറസ് കാലിയം ഇത് യോജിപ്പിച്ച് വളമുണ്ടാക്കാൻ പോയാൽ വെള്ളവായ്പോ രചിച്ചിട്ടില്ല ആരും ഇല്ലായിരുന്നതാണ് കുറേ കാലം ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടില്ലേ ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടില്ലേ എന്തൊക്കെ ഉണ്ടായാതെ അവസാനം പാറ്റം ക്ലോസ് ആക്കി മാറ്റിയിട്ടില്ലേ അത് മണ്ണിനെ കായ്ക്കും ക്രിസ്റ്റലായിട്ട് കിട്ടിയാൽ അത് വായിക്കാൻ തുടങ്ങുമ്പഴേക്കും വെള്ളമോ അടാ ആ പൊട്ടാസില് ചേർന്നാ വെള്ളാവും അതാണ് എൽ എ സിറ്റിക്ക് അത് ഉണ്ടാക്കുമ്പോ ഉണ്ടായിരുന്നത് പാടത്ത് കറന്നോർ ഉണ്ടാക്കുമ്പോ എം ബി കെ ആവും മനസ്സിലായില്ല പക്ഷേ ആയിരക്കണക്കിന് തൊഴിലാളിയും എടുത്തു ലാഭം സെറ്റിൽ ചെയ്തു ഉണ്ടാക്കി സി ജനറൽ മാനേജർ ഡി ജി എം ഒക്കെയായി ഇതിനെല്ലാത്തിനും ശമ്പളമൊക്കെ കൊടുക്കണമെങ്കിൽ എൻ പി കെ ഉണ്ടായി അല്ലെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നത് കൊടുക്കുക അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ പേരാണ് കൊഴിഞ്ഞിൽ കെട്ടിട്ടുണ്ടോന്നറിയില്ല പിള്ളേർ കളിക്കും അതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ രണ്ട് കൊമ്പുണ്ടാവും അതാണ് കാളക്കൊമ്പെന്ന് പറയുക ആ പേരിൽ അറിയപ്പെടുന്ന നാടൻ ഭാഷയിൽ ഈ ചെടി അത് വയലച്ച നിറത്തിൽ പൂവുള്ളതും ചെറിയ മഞ്ഞ നിറത്തിൽ പൂവുള്ളതും രണ്ട് വെറൈറ്റികളുണ്ട് അറിയില്ല ഏ പലത്തും നീലമരിയാണെന്ന് ധരിച്ച് വൈദ്യന്മാരിന്ന് നീലിപൃങ്കാതി എണ്ണ കാച്ചാൻ ഇതാ വെട്ടിക്കൊണ്ട് പോകുന്ന അതിന്റെ ഇലകളുടെ വിതരണത്തിൽ ഒന്ന് തുടർന്ന് വരുന്ന എണ്ണം നോക്കിയാൽ നീലയമരിയിൽ ഒമ്പതാണ് വരിക ഇതിൽ വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ കായ വളഞ്ഞിരിക്കും നീലയമരി എടുക്കാൻ നിർന്നിരിക്കും ആ കൊഴിഞ്ഞിൽ കൊഴുപ്പ കൊഴിഞ്ഞിൽ കൊഴിച്ചിൽ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ചെടി ട്യൂമർ ഇല്ലാതാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പേര് വെറുതെ അരച്ച് പാലിൽ കൊടുത്താൽ ശരീരത്തിൽ എവിടെ വരുന്ന ഗ്രന്ഥികളും പറ്റും അത്ര ഔഷധ വീര്യമുള്ളതാണ് ചികിത്സാരംഗത്തെ പൗരാണികരുടെ അപൂർവ ഔഷധങ്ങളിൽ അത്യുത്തമമാണ് കൊഴിഞ്ഞിൽ ആ കൊഴിഞ്ഞിൽ അതിൻ്റെ നീര് അതിലെ ഏറ്റവും രസകരമായ ഒന്ന് ഗൽ സ്റ്റോണുകൾ കിഡ്നി സ്റ്റോണുകൾ ഇവയിൽ പലതിനെയും ഉരുക്കിക്കളയാൽ ഇതിൻ്റെ ഇലയുടെ നീരുത്തമമാണ് ഒരു മുപ്പത് മില് നീരങ്ങ് കഴിച്ചാൽ സ്റ്റോൺ പമ്പ കിടക്കും അങ്ങനൊരു ഔഷധവുമാണ് ആ കൊഴിഞ്ഞിലിൻ്റെ നീരിൽ കൊഴിഞ്ഞിലിൻ്റെ വേരരച്ച് കലക്കി ആവണക്കെണ്ണ കാച്ചി തലയിലും മേലും തേച്ച് പഴങ്കഞ്ഞിയിൽ അയമോദകം അരച്ച് കലക്കി മേലും തലയും ഉരട്ടി വലിയുമ്പോൾ പഴങ്കഞ്ഞിയിൽ അയമോദകം അരച്ച് കലക്കി പുറമെ തേച്ച് ആദ്യം കൊഴുപ്പനീരിൽ കൊഴുപ്പവേരച്ച് കലക്കി ആവണക്കെണ്ണ ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ ദേഹമാകെ പുരട്ടി തലയിൽ പുരട്ടി പുറകെ പഴങ്കഞ്ഞിയിൽ അയമോദകമരച്ച് കലക്കി ദേഹത്തും തലയിലും നന്നായി പുരട്ടി അത് വലിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ വയൽച്ചുള്ളി സമൂലം ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളമൊഴിച്ച് കുളിക്കുക കണ്ടത്തിലെ ക്യാൻസർ കവിളിലെ ക്യാൻസർ എല്ലാം പോവും നിങ്ങൾ ഗവേഷണം ചെയ്താൽ ഇങ്ങനെ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ പഴം കഞ്ഞി നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഗവേഷണം ചെയ്യും ഇത് അടുക്കള ചെയ്യണം മനസ്സിലായില്ല നിങ്ങളുടെ ലാബോറട്ടറിക്ക് അത് വെക്കാൻ പറ്റുമോ ഇന്ത്യയുടെ ശാസ്ത്ര അവന്റെ ജീവിതക്രമത്തിൻ്റെ അടിസ്ഥാന തന്തുക്കളിൽ നിന്നാണ് രൂപപ്പെട്ടത് അത് പഠിക്കുന്നതിന് അത്തരം മനസ്സ് വേണം ആ മനസ്സില്ലാതെ നിങ്ങൾ എ പോർ ആപ്പിളും ബി പോർ ബോലിയും പഠിച്ചേച്ച് ആയുർവേദം പഠിക്കാനും പറ്റും ഇറങ്ങിയാൽ വല്ലതും തലേ അതും പോരാത്തതിന് ബാക്കിയുള്ള ശാസ്ത്രത്തിനെല്ലാം അഡ്മിഷൻ തേടി ചെന്നിട്ട് അതൊന്നും കിട്ടാതെ വന്നപ്പോ അവസാനം മുട്ടിയ ഭക്ഷണം വൈക്കോലെങ്കിലും ഒന്ന് ചരിച്ചിറങ്ങിയാൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ അതിന്റെ അടിസ്ഥാന തന്തുക്കളിൽ ആ സംസ്കൃതിയുമായി രൂപാന്തരപ്പെട്ട് മനസ്സുകളെ പരിപക്വപ്പെടുത്തി വേണം പഠിക്കാൻ ഉറപ്പുണ്ടാക്കാൻ ഇടയ്ക്കുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഖത്തിന് പറയുന്നതാണ് അതായത് എനിക്ക് ഈ നിങ്ങളുടെ ആധുനികതയോടുള്ള എൻ്റെ ശത്രുതയൊന്ന് വെൻഡൗട്ട് ചെയ്യുന്നതിനുള്ളൊരു ഉപാധി അതിൻ്റെ ഒരു സുഖം നിനക്ക് അറിയാൻ പറ്റില്ല എന്താണ് അത് പ്രസവിച്ച് പെണ്ണുങ്ങൾക്കറിയാം ഒരു പ്രസവം കഴിയുമ്പോൾ എന്തൊരു സുഖമുണ്ടെന്ന് മനസ്സിലായില്ല അപ്പൊ ഈ പ്രതിപ്രസവത്തിന്റെ സുഖം ഞാൻ പറയേണ്ടതുല്ല കൊഴുപ്പണീരില് കൊഴുപ്പ അല്ലെങ്കിൽ കൊഴിഞ്ഞ അതിൻ്റെ ഇളനീരിലെ നീര് കൊഴുപ്പ വേരരച്ച് കലക്കി കൊഴുപ്പവേരച്ച് കലക്കി ആവണക്കെണ്ണ ചേർത്ത് കാറ്റി ഒരു ലിറ്റർ ആവണക്കെണ്ണക്ക് ഇരുപത് ഗ്രാം കൊഴുപ്പയുടെ വേരരച്ചു എണ്ണയോളം കൊഴുപ്പ നീര് ഒരു ലിറ്റർ നീര് ഒരു ലിറ്റർ കൊഴുപ്പ നീര് ഒരു ലിറ്റർ എണ്ണ ഒരു ഇരുപത് ഗ്രാം കൊഴുപ്പവേരച്ച് കലക്കി കാച്ചി കട്ടി മെഴുപ്പാകത്തിലി മെഴുപ്പാകത്തിൽ അരിച്ച് വെച്ച് അതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് തലയിലും മേത്തും തേച്ച് അത് അയമോദകം അരച്ച് കലക്കിയ പഴങ്കഞ്ഞി അയമോദകം അരച്ച് കലക്കിയ പഴങ്കഞ്ഞി തലയിലും വേഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ വയർച്ചുള്ളി ചതച്ചിട്ട് വേണ്ട വെള്ളത്തിൽ കുളിക്കുക കണ്ടത്തിൽ വരുന്ന ക്യാൻസറുകൾ കവിളിൽ വരുന്ന ക്യാൻസറുകൾ ഇവയൊക്കെ അത്യുത്തമമാണ് വീട്ടിലിരുന്ന് തള്ളക ഈസി ആയിട്ട് ചെയ്യാം എല്ലാം കൂടി ഒരു പതിനഞ്ച് രൂപ ജലമാണ് ഇതുകൊണ്ടുപോയി ആത്തിൻ ബയോജി പിന്നെ ഓപ്പറേഷൻ പിന്നെ റേഡിയേഷൻ പിന്നെ കീമിയോതെറാപ്പി അത് കഴിഞ്ഞ് പാവം വെള്ളം ഇറങ്ങാതെ കിടന്നൊരു മരണം ആവലില്ല ആവൽ ഞെട്ടാവൽ ആവൽ അവൽ കേട്ടിട്ടുണ്ടാവും പഴയ കാലത്തുള്ള കട്ടില് വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ പലകയൊക്കെ ആവലാണ് വാദവികാരങ്ങളെ നിയന്ത്രിക്കുന്നവർ ആവൽ കഴിഞ്ഞേ നീര് വച്ചുന്നതിൽ ആവൽ കഴിഞ്ഞുള്ളൂ ആവൽ മരം കൊണ്ട് കട്ടിലുണ്ടാക്കി കയറി കിടന്നാൽ നീരുവലിയിൽ ആവൽ തോല് അതിന്റെ ഭസ്മം കഞ്ഞിവെച്ചു കൊടുത്താൽ എല്ലാ നീരും പറ്റും ഉദരത്തിലെ നീരുൾപ്പെടെ മഹോദരം പോവും തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയാൽ ഇല കൊണ്ടൊന്ന് ഉരസീട്ട് ആവലിന്റെ ഇല മോരിൽ അരച്ച് കണത്തിൽ തേച്ചാൽ ഇന്ദ്രലുതം അലോപേഷ്യ പൂർണമായി മാറും തേൽപ്പിക്കുന്നയാള് അടുക്ക നിക്കരുത് ചിലപ്പം മറ്റൊന്നും തല്ലിക്കൊള്ളി നല്ലപോലെ തുണിയൊക്കെ ഉടുപ്പിച്ചിട്ടേ പ്രായമായവരുടെ തലയിൽ തേക്കാവും ആ പറിച്ച് തുള്ളും വെള്ളത്തിന്റെ താര കീഴിൽ നിൽക്കാൻ തോന്നും കാരണം അത്രയും പൊയും പക്ഷെ മുഴുവൻ കിഴക്കും പറഞ്ഞ് സഹനശക്തിയുള്ളവന്റെ തലയിലേക്ക് തേക്കാവും പഴയ ആചാര്യന്മാരിൽ ചെല്ലിൽ പറയുന്നത് കഷണ്ടിയിൽ വരെ കിളിക്കും എന്നാ പറയും അത്ര പക്ഷേ ഇരുപത്തിനാല് ലോകവും ഒരു മണിക്കൂർ കൊണ്ട് കാണും ആകെ മിനിമം ഒരു പ്രാവശ്യം പരട്ടിയാൽ കൊരാ പ്രാവശ്യം പരട്ടിയാ തന്നെ നാലഞ്ച് പ്രാവശ്യം പരട്ടുമ്പോഴേക്കും മുടി നന്നായി കിളിക്കും നല്ല കറുത്ത മുടി ദൃഢമായ മുടി ഉള്ളു ഞെട്ടാവലിന്റെ ഇല പാലേട്ടിനെ പറക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വാക്കത്തി കൈ കൊടുത്തിട്ട് പറട്ടിയാ പാലേട്ടനങ്ങി ചെല്ല പാസ്പോർട്ട് എടുക്കണ്ട വിസയും വേണ്ടി വരിക ആ ആവലില കഞ്ഞുണ്ണി കൈതൊന്നി കയ്യണ്യം അതുതന്നെ കഞ്ഞുണ്ണി കടലാടി ചെറുകടലാടി കൊന്നത്തൊലി കണിക്കൊന്നയുടെ തൊലി ഇവയുടെ നീര് നാഴിവീതം നാഴി എള്ളണ പർപ്പടക പുല്ല് കരിജീരകം ക്യാൻസർ ചികിത്സാരംഗത്തെ ആധ്യാത്മിക മരുന്നുകളിൽ അദ്വിതീയനാണ് വിശ്വമെന്നും കരിഞ്ചീരകം കരിഞ്ചീക വിരകം വാറ്റിയെടുക്കുന്ന എണ്ണ അത്യപൂർവൗഷവുമാണ് ആധ്യാത്മിക മരുന്ന് പറഞ്ഞാൽ മതങ്ങൾ അവയുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഔഷധമാണ് കരിഞ്ജീരകം ഖുറാൻ ബൈബിൾ ഹൈന്ദവ പുരാണങ്ങൾ ഇവയിലെല്ലാം ഏറ്റവും കൂടുതൽ റഫറൻസ് ഉള്ള വളരെ കൂടി ഔഷധ മൂല്യമുള്ള ഒന്നാണ് കരിഞ്ചീരകം കാട്ടു ജീരകമല്ല ജീരക അല്ല കരിഞ്ചീരകം വളരെ പൗരാണിക കാലം മുതൽ ലോകമെമ്പാടും കുട്ടികളെ തേന്പ്പിക്കാനുള്ള എണ്ണ കരിഞ്ചീരകം ചതച്ചിട്ട് വെയിലത്ത് വെച്ച് സൂര്യസ്ഫുടം ചെയ്ത എണ്ണയാണ് ചുവപ്പ് നടപ്പിലിരിക്കും മനസ്സിലായില്ല അതായിപ്പൊ പലരും ലാൽ തേൽ എന്ന് പറഞ്ഞ് പിള്ളേർക്കുള്ള എണ്ണ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് പല കമ്പനികളുടെയും ലാൽ തേൽ ഉണ്ട് കേട്ടിട്ടില്ല െയിലാ ചതച്ചിന്റെ വെയിലത്തിട്ട് വെല്ലാതെ എണ്ണക്കാത്ത നല്ല രോഗപരമാണ് ഒട്ടെല്ലാ രോഗങ്ങളിലും പ്രയോജനപ്രദമായ ഇതിന്റെ കഞ്ഞി ജീരകത്ത് കരിഞ്ചീരകത്തിന്റെ കഞ്ഞി ജീരകക്കഞ്ഞിന്ന് പറയും വ്രതം കഴിഞ്ഞ് ഔഷധങ്ങൾ ചേർത്ത് ജീരക കഞ്ഞി ഉണ്ട് റംസാൻ നോയമ്പ് കഴിഞ്ഞു ില്ല അപൂർവ പ്രയോഗങ്ങളൊന്നും കരിജീരകത്തിന് മതബോധനത്തിൻ്റെ അന്തസ്ഥ തലങ്ങളിൽ ശക്തമായ സ്ഥാനമുണ്ട് വ്രതവും കരിഞ്ഞിട്ട് കുടിക്കാം പ്രദോധ നമുക്ക് അത് കഞ്ഞി കുടിച്ചിട്ടുണ്ട് എല്ലമ്മായി വളരെ ഗംഭീരമായ ഔഷധമാണ് കൊന്നത്തൊലി ഇവയുടെ നീര് നാഴി വീതം എണ്ണ നാഴി പർപ്പടക പുല്ല് കരിജീരകം അതിമധുരം ഇരട്ടി മധുരം നിങ്ങള് ഇരട്ടിമധുരം എന്നാ പറയുക ഇരട്ടിമധുരം ജോനകപ്പുല്ല് ഇവ അഞ്ച് ഗ്രാം വീതം അരച്ച് കലക്കി കാച്ചി വെച്ച് സേവിക്കുക കവിൾ കൊള്ളുക വായിലെ എല്ലാ ക്യാൻസറും പോകും ചെറിയ ഉരുടെ കായായിട്ട് ഒരു പുല്ലിങ്ങനെ അതിനാണ് ജോനകപ്പുല്ലെന്നു പറയുന്നത് പാലക്കാട് മലമുകൾ ഒരു ഇഷ്ടം പോലും ക്ലാസിക്കൽ റെമഡികൾ ഒട്ട് വളരെ ഉണ്ട് അത് ഒട്ട് വളരെ ഉണ്ട് വായിലെ ക്യാൻസറിന് വളരെ ഫലപ്രദമായതാണ് പഞ്ചതിക്തം കഷായത്തിൽ ഗുൽഗുലും പാവും ചേർക്കുരുവും ചേർത്തത് പഞ്ചദിക്ത കഷായത്തിന്റെ യോഗത്തിൽ ഗുൽഗുരു ചേർക്കണം ശുദ്ധി ചെയ്ത് പാവ് ചേർക്കണം ചേർക്കുരു ചേർക്കണം അങ്ങനൊരു കഷായം ഉണ്ടാക്കി കഴിച്ചാൽ അത് വായിലെ ക്യാൻസറിന് മാത്രമല്ല ഒട്ടനേകം ക്യാൻസറുകളിൽ ഫലപ്രദമാണ് അതൊക്കെ കൃതഹസ്ഥനായ വൈദ്യം ചെയ്യുമ്പോൾ ഇല്ലാത്ത ഫലം ആനയിച്ചുകൊണ്ടിരിക്കും അതിന് പഴയ രീതികളുണ്ട് വൈദ്യന്റെ സാമർഥ്യമാണ് അയാള് കഷായ യോഗങ്ങളിലെ വരണാതി കഷായം ഗുൽകുലുതിക്തകം കഷായം പഞ്ചതിക്തം കഷായം തിക്തം കഷായം നിമ്പാദി കഷായം ജീവന്തിയാദി കഷായം ഇങ്ങനെ കഷായ യോഗങ്ങളുണ്ട് സമർഥനാണെങ്കിൽ ഇവയെ കൂട്ടി യോജിപ്പിച്ച് കഷായം വെക്കുകയും ഈ കഷായ യോഗങ്ങൾ ചേർത്ത് ഘൃതം കാച്ചിയെടുത്ത് പുനരെ വേറെ ഘടത്തിൻ്റെ മരുന്നുകൾ ചേർത്ത് കാച്ചുകയൊക്കെ ചെയ്ത് അതായത് ഗുൽകുലു തിക്തകൻ ഘടത്തിൻ്റെ യോഗത്തില് കഷായം കാച്ചി ഗുൽഗുരു ഘൃതം ഉണ്ടാക്കി ആ ഘൃതം പുനര് വജ്രക ഘൃതത്തിന്റെ കഷായ യോഗ വെച്ച് ആ കഷായത്തിൽ ഈ ഘൃതമിട്ട് കാച്ചി അരിച്ചെടുത്ത് ഒക്കെ പണി ചെയ്തു ചില മാറാത്ത ക്യാൻസറുകളിലും മറ്റും വിടില്ല എന്ന മട്ടിൽ പണിയെടുക്കുന്നവനാണ് ഒരു പണിയും പറ്റിയില്ലെങ്കിൽ അവസാനം അവൻ കഷായക്കലം കഷായം വെച്ച് കുടിപ്പിച്ച് മാറ്റി മനസിലായിട്ട് കാരണം അമ്പത് കൊല്ലം എൻ്റെ അച്ഛൻ വെച്ച കഷായക്കലമാണ് അതിനകത്ത് മരുന്നേ ഉള്ളൂ മണ്ണിനകത്ത് ശരി നിനക്ക് അവസാനമായിട്ട് ഇരിക്കേണ്ട തല്ലി പൊട്ടിച്ച് അടുപ്പത്തേക്കിട്ട് കഷായം വെച്ച് നേരം കൊടുക്കുമ്പോൾ ഇനി ഞാൻ എന്റെ അവസാനത്തെ പരിപാടിയാണ് നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ സാക്ഷാത് ധന്വന്തരമൂർത്തി പ്രത്യേകപ്പെട്ട് മാറ്റുമെന്ന് പറയുന്നിടത്തേക്ക് വൈദ്യശാസ്ത്രം എത്തും അതൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ അതീവ രഹസ്യങ്ങളായ പ്രയോഗങ്ങൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ മാതൃകകൾ അത്രയൊക്കെ വിശ്വസിക്കാവുന്ന പഠിപ്പാണോ എനിക്കുള്ളത് ഉള്ള വിശ്വാസം കളഞ്ഞ പഠിപ്പല്ലേ കൈകരിക്കുന്നു ആരെയെങ്കിലും എന്തിനെയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഓട്ടെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ പിന്നെ മതിയല്ലോ ബാക്കിയുള്ളവരെ ഒരുകൂടി പോയത് ഏ പഠിച്ച് പഠിച്ച് പഠിക്കാനായി സ്വയം അവനവനെ പോലും വിശ്വാസമില്ലാത്ത ഒരു തലമുറയുടെ ദുരന്ത ദുശംഖയിൽ നാം നിൽക്കുമ്പോൾ സ്വന്തം പഠിപ്പിനെ കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ഗോളാന്തര ചൈത്രയാത്രയെ കുറിച്ചും സപ്തസാഗരങ്ങളെ ഉറുതു ഉഴുത് മറിച്ചതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിമാനത്തിൻ്റെ കല്ലോലവാഹിയിൽ നിങ്ങൾ തന്നെ മുങ്ങി താഴുമ്പോൾ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക ഭാഷാ ദേവത അനിദ്രം ചൊല്ലിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ആ ദേവത എന്നെ സരസ്വതി നിങ്ങളോട് ഇത്രയൊക്കെ പറയാൻ ഏൽപ്പിച്ചു തന്നിട്ട് പറയാതെ പോയ നിങ്ങൾ ചവച്ചാൽ ഒരു കൂട്ടുമില്ല സരസ്വതി ജവിച്ചാൽ അത് അപകടമാണ് അതുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് യോഗങ്ങളുണ്ട് അത് എല്ലാം എഴുതിയെടുക്കണം എന്നില്ല എങ്കിലും പഞ്ചതിക്തം കഷായത്തിൽ ഗുരുകുലും പാവും ചേർക്കുലും ചേർത്ത വൈദ്യന്മാർ ആരെങ്കിലും ഒരുക്കൊണ്ടെങ്കിൽ എഴുതിയെടുത്താൽ അവർക്കത് പ്രയോജനപ്രദമാണ് നിങ്ങൾ എഴുതെടുക്കണ്ട ജനങ്ങൾ വൈദ്യന്മാരെ എടുത്താൽ അവർക്ക് പരീക്ഷ നോക്കാമല്ല ഇത്ര തിക്തക കഷായത്തിൽ കൈശോര ഗുൽകുരു വളരെ ഉത്തമമാണ് ക്ലാസിക്കൽ റമഡികളിൽപ്പെട്ടതാണ് ഇത് എടുക്കുന്നതിന് ഒരു പാടൊന്നുമില്ല ഗുൽഗുരു യുദ്ധിയായപ്പോഴേ ഒരു കല ഇടുക അതിൻ്റെ വായിക്കലേക്കൊരു തുണി വലിച്ചു കിട്ടുക ആ കരത്തെ വായിക്കാൻ തുണി വലിച്ചു കെട്ടുന്നതിന് മുമ്പ് അതിനകത്ത് വെള്ളമൊഴിക്കുക ധാരാളം വേപ്പലേന ധാരാളം വേപ്പല ചതച്ചഞ്ഞിടുക പലിച്ച് കഴിഞ്ഞ തുടിക്കകത്തേക്ക് ഗുരുക്കുരു കരടും അച്ചടുക ഒക്കെ കളഞ്ഞു വാരിയിടുക മനസ്സിലായി വേറെ അടപ്പ് വെച്ചടക്കുക ചുറ്റിന് ശീലമാണം ചെയ്യുക അടുപ്പത്തേക്ക് ഏറ്റുവെച്ച് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആവി മുഴുവൻ ഗുരുക്കുരുവിൽ കളത്തി വിടുക മഞ്ഞളിന്റെയും വേപ്പലയിടി വേപ്പലയും മഞ്ഞളും വേണ വെള്ളത്തിലിടാൻ മനസ്സിലായി എന്നിട്ട് ചതച്ച് നല്ലോലെ ഇട്ട് നല്ലോലെ തിളപ്പിച്ച് ഈ ആവി കൊണ്ട് നല്ലോലെ വെന്ത് കഴിയുമ്പോൾ വാങ്ങിയെടുത്ത് അതിനെ നന്നായി നെയ്യിൽ വറക്കുക ആദ്യം ചുറ്റമുറകൻ മീനിൽ വച്ചിക്കുക എന്നിട്ട് നെയ്യിൽ വറക്കുക അപ്പൊ ഗുൾകുരു ശുദ്ധിയായി പിന്നെ അത് കഴിക്കാം യാതൊരു വെടിയും വേണ്ട അല്ലെങ്കിൽ പകയുണ്ടാവും ചേർക്കുരു അതായപ്പോഴേ നല്ല എരുമ മൂത്രത്തിലൊന്നും തിളപ്പിക്കുക വറ്റിച്ച കൂടുതൽ നല്ലത് അത് കഴിഞ്ഞാൽ എരുമ ചാണക മീറ്റിൽ വച്ചിക്കുക ഇങ്ങനെ മാറി മാറി ഏറ്റവും പ്രാവശ്യം എന്നിട്ട് ആ സാധനം എടുത്ത് നല്ല താമിക്കാത്തോട് കഷായത്തിൽ വറ്റിച്ചെടുക്കുക അത് പാലിൽ വറ്റിച്ചെടുക്കുക വില പാലിൽ വറ്റിച്ചെടുത്ത് നല്ലപോലെ ഉണങ്ങി അത് കഴിഞ്ഞെടുത്ത് കരിക്കും വെള്ളത്തിലിട്ട് ചൂടാക്കണ്ട ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ ചെറുകുതി ശുദ്ധമായി അതിന്റെ എണ്ണ അത്യുത്തമമാണ് എണ്ണ കളയരുത് പലരും ചുട്ട് അതിൻ്റെ പരിപ്പെടിലും അതിൻ്റെ എണ്ണയിലാണ് ഔഷധ മൂല്യം ആ എണ്ണയാണ് പകയുണ്ടാക്കുന്നത് ചേർക്കുരുവിനേക്കാൾ ഫലപ്രദം ചേർക്കുരുവിൻ്റെ പഴമാണ് കശുമാങ്ങ പോലൊരു പഴമാണ് അതാ ചേർക്കുരുവിൻ്റെ നിങ്ങളെ നാട്ടിൽ കാണുന്ന ചേർക്കുരു ചേർക്കുരുവല്ല ചീമച്ചേരുണ്ട് പൊട്ടച്ചേര് അതിൻ്റെ കശുമാങ്ങ പോലൊരു മാങ്ങയും ചൂട്ടിൽ പഴവ് വരുന്നത് അതിൻ്റെ മാങ്ങ അത്യുത്തമമായ ഔഷധമാണ് ആ മാങ്ങയുടെ പെനിയെടുത്തു വെച്ചാൽ ഏത് ക്യാൻസറും പോകും പെനിയെന്ന് പറഞ്ഞാൽ മനസിലായോന്നറിയില്ല ആ അതിന്റെ നീര് വിഴിഞ്ഞ് കുപ്പിക്കാത്താക്കി മണ്ണിനടിയിലിടുക ചെയ്യുമ്പോ നല്ല സ്വയംപൻ സാധനവും ആ പെനിയെങ്ങാൽ മുടി മുതൽ കാലു വരെ ഏത് ക്യാൻസറും പാസ്പോർട്ടും വിസയം വാങ്ങിച്ചു തലമിടും അതുകൊണ്ട് ഈ ഈ ഭയപ്പെടുന്ന ഭയമൊന്നുമില്ല ഈ രോഗത്തിന് അവനവന് അറിവില്ലാത്ത കൊണ്ടുള്ള ഭയമാണ് അറിവില്ലാത്തവന അറിയില്ലാത്തവനെ പോയി കണ്ടു കൂടുതൽ ഭയപ്പെട്ട് മരിക്കുന്നതായി പണി ഒരു കാര്യം കണ്ടാൽ സാരമില്ലെന്ന് പറയണമെന്നൊരു അതിനുള്ള വിവരം വേണം അപ്പൊ നമുക്കിപ്പോൾ നിർത്താം ബാക്കി അടുത്ത ക്ലാസ്